യൂണിറ്റ് ട്വന്റി ഫോർ ലെസൺ സിക്സ്റ്റിനെസൺ രാമചരിതം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണത്ര മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതി രാമചരിതമല്ലേ എന്നാണ് പറയപ്പെടുന്നത് എപ്പോഴാണ് അത് എഴുതപ്പെട്ടത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആണ് എന്നാണ് ഗവേഷണം പറയുന്നത് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് മലയാളത്തിന് സ്വന്തമായിട്ടൊരു സാഹിത്യം തന്നെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറയാൻ രാമചരിതത്തിന് മുൻപ് എഴുതപ്പെട്ടത് പറയാവുന്ന ഒരു കൃതിയും ഗവേഷകന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ വായുമൊഴിയായി പ്രചരിച്ചിരുന്ന നാടൻ കഥകളും നാടോടിപ്പാട്ടുകളും മലയാളം ഭാഷയിലും വേണ്ട പോലും ഉണ്ടായിരുന്നു ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന മഹാകവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് എല്ലാ മലയാളികളാലും എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാകവിയാണ് എഴുത്തച്ഛൻ അപ്പോൾ പിന്നെ രാമചരിതം എഴുതാരാണ് രാമചരിത കർത്താവിനെ പറ്റി കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീരാമൻ എന്ന ഒരു രാജാവാണ് അതെഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു കൃതിയിൽ തന്നെ കാണുന്ന ചില സൂചനകളാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് രാമചരിതത്തിലെ ഭാഷയ്ക്കും ഇപ്പോഴത്തെ സാഹിത്യ തമ്മിൽ പല വ്യത്യാസവുമുണ്ടോ ഉണ്ട് പാട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതിയാണ് രാമചരിതം തമിഴും മലയാളവും ചേർന്ന ഒരുതരം മിശ്രഭാഷയാണ് പാട്ട് കൃതികളിൽ കാണുന്നത് സംസ്കൃതത്തിന്റെ സ്വാധീനം ഇത്തരം കൃതികളിൽ തുലവും കുറവാണ് ലിസൺ ആൻഡ് റിപ്പീറ്റ് மலையாள ஆதித்து சாஹித்ய கிருதி ராமச்சரிதமல்லே மலையாள ஆதித்து சாஹித்யகிருதிதமல்லப்படப்பட எப்பழப்பட்டது எப்பழதப்பட்டது பன்னிரண்டாம் நூற்றாண்டில் என்ன പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എന്നാണ് ഗവേഷകന്മാർ പറയുന്നത് ഗവേഷകന്മാർ പറയുന്നത് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് മലയാളത്തിന് സ്വന്തമായിട്ടൊരു സാഹിത്യം തന്നെ ഉണ്ടായിരുന്നല്ലേ സ്വന്തമായിട്ടൊരു സാഹിത്യം തന്നെ ഉണ്ടായിരുന്നില്ലേ എന്ന് പറയാനൊക്കുമോ എന്ന് പറയാനൊക്കുമോ രാമചരിതത്തിന് മുൻപ് എഴുതപ്പെട്ടത് പറയാവുന്ന ഒരു കൃതിയും രാമചരിതത്തിന് മുമ്പ് എഴുതപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു കൃതിയും ഗവേഷകന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഗവേഷകന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ വായുമൊഴിയായി പ്രചരിച്ചിരുന്ന നാടൻ കഥകളും പക്ഷേ വായുമൊഴിയായി പ്രചരിച്ചിരുന്ന നാടൻ കഥകളും നാടോടിപ്പാട്ടുകളും മലയാള ഭാഷയിലും വേണ്ടുവോളം ഉണ്ടായിരുന്നു നാടോടിപ്പാട്ടുകളും മലയാള ഭാഷയിലും വേണ്ടുവോളം ഉണ്ടായിരുന്നു അവയെന്നും എഴുതപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം അവയൊന്നും എഴുതപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം രാമചരിതത്തിന്റെ കർത്താവ് ആരാണ് രാമ എഴുതത്തിന്റെ കർത്താവ് ആരാണ് എഴുത്തത്തിലല്ലേ അല്ല എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് അല്ല എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന മഹാകവിയാണ് അദ്ദേഹം ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന മഹാകവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്നാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് എല്ലാ മലയാളികളാലും എന്നും ഓർമ്മിക്കപ്പെടുന്ന എല്ലാ മലയാളികളാലും എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാകവിയാണ് എഴുത്തച്ഛൻ ഒരു മഹാകവിയാണ് എഴുത്തച്ഛൻ അപ്പോൾ പിന്നെ രാമചരിതം എഴുതിയതാരാണ് അപ്പോൾ പിന്നെ രാമചരിതം എഴുതിയതാരാണ് രാമചരിത കർത്താവിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രാമചരിത കർത്താവിനെപ്പറ്റി കൃത്യമായി വിവരങ്ങൾ നൽകുന്ന രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീരാമൻ എന്ന ഒരു രാജാവാണ് എങ്കിലും തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീരാമൻ എന്ന ഒരു രാജാവാണ് അതെഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതെഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു കൃതിയിൽ തന്നെ കാണുന്ന ചില സൂചനകളാണ് കൃതിയിൽ തന്നെ കാണുന്ന ചില സൂചനകളാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് രാമചരിതത്തിലെ ഭാഷയ്ക്കും ഇപ്പോഴത്തെ സാഹിത്യ ഭാഷയ്ക്കും തമ്മിൽ രാമചരിതത്തിലെ ഭാഷയ്ക്കും ഇപ്പോഴത്തെ സാഹിത്യ തമ്മിൽ പല വ്യത്യാസവുമുണ്ടോ റിയപ്പെടുന്ന ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട ഉണ്ട് പാട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സാഹിത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതിയാണ് രാമചരിതം കൃതിയാണ് രാമചരിതം തമിഴും മലയാളവും ചേർന്ന ഒരുതരം മിശ്രഭാഷയാണ് തമിഴും മലയാളവും ചേർന്ന ഒരുതരം മിശ്ര ഭാഷയാണ് കൃതികളിൽ കാണുന്നത് പാട്ട് കൃതികളിൽ കാണുന്നത് സംസ്കൃതത്തിന്റെ സ്വാധീനം ഇത്തരം കൃതികളിൽ തുലവും കുറവാണ് സംസ്കൃതത്തിന്റെ സ്വാധീനം ഇത്തരം കൃതികളിൽ തുലവും കുറവാണ് വാൽമീകി ആദികവിയാണെന്ന് പറയപ്പെടുന്നു എഴുത്തച്ഛൻ എല്ലാ മലയാളികളാലും ഓർമ്മിക്കപ്പെടുന്നു എഴുത്തച്ഛൻ എല്ലാ മലയാളികളാലും ഓർമ്മിക്കപ്പെടുന്നു മിക്ക മലയാള കൃതികളിലും സംസ്കൃതത്തിന്റെ സ്വാധീനം കാണപ്പെടുന്നു മിക്ക മലയാള കൃതികളിലും സംസ്കൃതത്തിന്റെ സ്വാധീനം കാണപ്പെടുന്നു രാമചരിതം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നു ം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ പറയുന്നു അദ്ദേഹം അദ്ദേഹം എല്ലാവരും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിക്കപ്പെട്ടു ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ക്രിസ്തു മതം പ്രചരിക്കപ്പെട്ടുവരെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ മനുഷ്യ ഓർമ്മിക്കപ്പെടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ മനുഷ്യ സേവനം ഓർമ്മിക്കപ്പെടും വീണ്ടും ഒരിക്കൽ കൂടി സമാജം സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടും വീണ്ടും ഒരിക്കൽ കൂടി സമാജം സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടും ഇത്തവണയും അദ്ദേഹത്തിന്റെ കൃതികൾ സമ്മാനാർഹമായി കണക്കാക്കപ്പെടും ഇത്തവണയും അദ്ദേഹത്തിന്റെ കൃതികൾ സമ്മാനമായി കണക്കാക്കപ്പെടും ഡ്രിൽ മോഡൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ില്ലത്രേ എപ്പെട്ട എഴുതപ്പെട്ട കൃതികൾ ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ എഴുതപ്പെട്ട കൃതികൾ ഉണ്ടായിരുന്നില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുമ്പ് മലയാളത്തിൽ എഴുതപ്പെട്ട കൃതികൾ ഉണ്ടായിരുന്നില്ലത്രേ നൗ ഫോളോ ദ മോഡൽ അർജുന ചെയ്യപ്പെടും അങ്ങോട്ട് മുന്നോട്ടും തർജ്ജനം ചെയ്യപ്പെടും കൃതികൾ കൃതികൾ അങ്ങോട്ട് മുന്നോട്ടും തർജ്ജനം ചെയ്യപ്പെടും പ്രശസ്ത പ്രശസ്ത കൃതികൾ അങ്ങോട്ട് മുന്നോട്ടും തർജ്ജനം ചെയ്യപ്പെടും ഭാരതീയ ഭാഷകളിലെ ഭാരതീയ ഭാഷകളിലെ പ്രശസ്ത കൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർജ്ജനം ചെയ്യപ്പെടും സാഹിത്യ അക്കാദമികളുടെ സാഹിത്യ അക്കാദമികളുടെ പ്രവർത്തനത്താൽ ഭാരതീയ ഭാഷകളിലെ പ്രശസ്ത കൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർജ്മടക്കപ്പെടും വിളക്കുകളൊക്കെ വിളക്കുകളൊക്കെ അണയ്ക്കപ്പെടും ഹോസ്റ്റലിലെ ഹോസ്റ്റലിലെ വിളക്കുകളൊക്കെ അണക്കപ്പെടും പത്തുമണിക്ക് ഹോസ്റ്റലിലെ വിളക്കുകളൊക്കെ അണക്കപ്പെടും രാത്രി രാത്രി പത്തുമണിക്ക് ഹോസ്റ്റലിലെ വിളക്കുകളൊക്കെ അണക്കപ്പെടും ഡ്രിൽ മോഡൽ വൺ ആളുകൾ കവിയെ ആദരിക്കുന്നു കവി ആളുകളാൽ ആദരിക്കപ്പെടുന്നു നൗ ഫോളോ ദോഡൽ ജാതി മനുഷ്യരെ പരസ്പരം അകറ്റി മനുഷ്യർ ജാതിയാൽ പരസ്പരം അകലപ്പെട്ടു പണം ആളുകളെ കൊല്ലുന്നു ആളുകൾ പണത്താൽ കൊല്ലപ്പെടുന്നു പുതിയ മരുന്നു രോഗം സുഖപ്പെടുത്തി രോഗം പുതിയ മരുന്നാൽ സുഖപ്പെട്ടു പല പഴയ കൃതികളും ഗവേഷകന്മാർ വെളിച്ചത്ത് കൊണ്ടുവന്ന് പല ഗവേഷകന്മാരാൽ വെളിച്ചത്ത് കൊണ്ടുവരപ്പെട്ടു മോഡൽ ടു സ്കൂൾ വാർഷികോത്സവത്തിൽ എല്ലാവരും പ്രശംസിക്കപ്പെട്ടത് നർത്തകിയായ രമയായിരുന്നു എല്ലാവരും പ്രശംസിച്ചത് നർത്തകിയായ രമയായിരുന്നു നൗ ഫോളോ ദോഡൽ വള്ളത്തോളാണ് ആസ്ഥാന കവിയായി അംഗീകരിക്കപ്പെട്ടത് ആസ്ഥാന കവിയായി വള്ളത്തോളിനെയാണ് അംഗീകരിച്ചത് ഭാരതീയ കവികളിൽ ടാഗോറാണ് മറ്റു രാജ്യക്കാരാൽ അറിയപ്പെടുന്നത് മറ്റു രാജ്യക്കാർ ഭാരതീയ കവികളിൽ ടാഗോറിനെയാണ് അറിയുന്നത് ഓരോരുത്തരുടെ ജോലി അനുസരിച്ചാണ് ശമ്പളവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ജോരി അനുസരിച്ച് ശമ്പളവും നിശ്ചയിച്ചിരിക്കുന്നു ആ അമ്പലത്തിലെ വിഗ്രഹം സ്വർണ്ണമാലകളാലാണ് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത് സ്വർണ്ണമാലകൾ കൊണ്ടാണ് ആ അമ്പലത്തിലെ വിഗ്രഹം അലങ്കരിച്ചിരിക്കുന്നത് നേതാവായി അദ്ദേഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിനെയാണ് നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്